എല്ലാവർക്കും എൻ്റെ പ്രണ നിർവൃതി പഞ്ചായത്തിലെ രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ രണ്ടും മൂന്നും ശ്ലോകങ്ങളിൽ പ്രധാനമായും ഗുരുദേവൻ കർമ്മഭേദങ്ങളെ എടുത്ത് കാണിക്കുക ഇത്തരം കർമ്മഭേദങ്ങൾ പൂർണ്ണമായും ആരിൽ നിന്നും വിട്ടുപോകുന്നുവോ അദ്ദേഹത്തിന് മാത്രമേ നിർവൃത്തിയുള്ളൂ കർമ്മഭേദമനുസരിച്ച് പല പല ചോദ്യങ്ങളാണ് ആഗഛ ഗ്രവിശ കൊനു ഗസി ഇത്യാദി വാദോപരിതരും യസ്യ തസൈവ നിർവൃത്തി ആഗഛ വരൂ ഗ പോകൂ ആഗഛഗഛ മാ പോകരുത് പ്രവിശ അകത്തേക്ക് കടന്നു വരൂ പ്രവേശിക്കൂ കൊണു ഗ എങ്ങോട്ടാണ് പോകുന്നത് ഇത്യാദി വാദോപരത്തി ഇത്യാദി ചിന്തകൾ ചർച്ചകൾ ആരിൽ നിന്ന് വിട്ടുപോകുന്നുവോ തസൈ വന്നറുപ്രതി അയാൾക്ക് മാത്രമേ നിറവൃതിയുള്ളൂ ഇത്തരം ചോദ്യങ്ങളൊന്നും പാടില്ല എന്നല്ല ചോദ്യമൊക്കെ ചോദിക്കൂ കർമ്മമൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ കർമ്മമൊന്നും സത്യമല്ല കർമ്മം ഇല്ലാത്തതാണ് ബ്രഹ്മത്തിൽ വെറുതെ ആരോപിക്കുന്നതാണ് കർമ്മ ചലനം അതറിഞ്ഞുകൊണ്ട് ഒക്കെ ചോദിച്ചോളൂ അതറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ ഗുരുദേവൻ തന്നെ ബ്രഹ്മവിദ്യാവകത്തിൽ പറയുന്നുണ്ട് കർമാവ്യാസത് കർമ്മം ഇല്ലാത്തതാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈ രഹസ്യം അറിഞ്ഞുകൊണ്ട് ചോദിക്കുക അതല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും ആ ഉത്തരങ്ങളിൽ കൂടി നിരവധി രാഗദ്വേഷങ്ങളും മതമാത്സര്യങ്ങളും ഒക്കെ ഉള്ളിൽ കടന്നും കൂടും സർവത്ര അസന്തൃപ്തിയും അസ്വസ്ഥതയും വ്യാപിക്കും ഇതുപോലെ ക്രിയാപ്രധാനം തന്നെയാണ് മൂന്നാമത്തെ പദ്യവും മൂന്നാമ പദ്യത്തിൽ കർമ്മഭേദങ്ങളോടൊപ്പം ദേശഭേദം കാലഭേദം വ്യക്തിഭേദം ഇവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഭേദങ്ങളൊക്കെ ഇല്ലാത്തതാണ് വെറും കള്ളം അറിഞ്ഞുകൊണ്ട് അവയൊക്കെ ചോദിച്ചോളൂ പക്ഷെ ഈ ഭേദങ്ങളൊക്കെ ഉള്ളതാണ് എന്നുള്ളിൽ തോന്നിയാൽ അത് കള്ളമാണ് അത് നിശ്ചയമായിട്ടും ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമായി തീരും കഥായാത എപ്പോഴാ വന്നത് കഥ ആയാത എപ്പോഴാണ് വന്നത് കുതയാസി എവിടെ നിന്ന് വരുന്നു കോസി വൈ നീ ആരാണ് ആണ് കൊയാസ്യസി എവിടെ പോകുന്നു ദേശഭേദമാണ് ക്രിയാഭേദവും കൊയാസ്യസി കഥ ആയാതലഭേദം എപ്പോഴാണ് വന്നത് കുതയാസി എവിടെ നിന്ന് വരുന്നു ദേശഭേദം ക്രിയാഭേദം കോസിവൈ ാണ് വ്യക്തിഭേദം ഇവയൊക്കെ ചോദിക്കാം പക്ഷേ സത്യം ബ്രഹ്മം മാത്രം ഈ ചോദ്യങ്ങളൊക്കെ അസത്യത്തെക്കുറിച്ചാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ ഉത്സവരോട് പറയുന്നുണ്ട് കിം ഭദ്രം കിം അഭദ്രം വ ദ്വൈതസ്യാവസ്തുനക്കിയത് എന്ത് നല്ലത് എന്ത് ചീത്ത അവസ്തു ദ്വൈതം ഇല്ലാത്തതാണ് അവസ്തുവാണ് ദ്വൈതസ്യ അവസ്തുനക്ക് വാചോദിതം തത് അനർത്ഥം വാക്കുകൊണ്ട് മിണ്ടിയോ കള്ളം ഇത് നമ്മുടെ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നതാണ് വാചോദിതം തത് അനർത്ഥം മനസ്സാധ്യാതമേ വച്ച മനസ്സുകൊണ്ട് ധ്യാനിച്ചോ കള്ളം ഇതാണ് ഈ കർമ്മമയമായ സംസാരത്തിൻ്റെ പൊരുൾ സംസാരം കർമ്മമയമാണ് കർമ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല നമ്മൾ കാണുന്നതെല്ലാം കർമ്മമയം ഈ ശുദ്ധജലങ്ങളായി കാണുന്നത് പോലും തികച്ചും കർമ്മമയം ച അത്യന്ത ചലനം ഇതാണ് ഈ ജലങ്ങളിൽ പോലും സംഭവിക്കുന്നത് ഈ കർമ്മമയമായ ജീവിതത്തിൽ ഒന്ന് മാത്രം ചിന്തിച്ച് നോക്കുക ആരുടെ കാര്യമായ ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നുണ്ട് ലോകമെമ്പാടും പരലോകത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു നോക്കുക സ്വർഗം ഒക്കെ കർമ്മമയമാണ് അതാണ് ഈ കർമ്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ കർമ്മമയമായ ജീവിതത്തിൽ ഈ ലോകത്ത് ഭരമാധികാരികളുണ്ട് വലിയ വലിയ ധനികന്മാരുണ്ട് ആരെങ്കിലും വാസ്തവത്തിൽ കാര്യമായ സുഖം അനുഭവിക്കുന്നുണ്ടോ ആരെ വേണോ സമീപിച്ച് ഒരു ചോദ്യം ചോദിച്ചു നോക്കുക അങ്ങ് തൃപ്തനാണോ വയസ്സായി ഒരുപാട് പണം ഉണ്ടാക്കി നേടാവുന്നതിൻ്റെ അങ്ങേയറ്റം നേടി ചില ഇന്ദ്രപദവി നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് ഇന്ദ്രപദവി നേടി ഇന്ദ്രൻ്റെ കാര്യം പുരാണങ്ങളിൽ വായിച്ചു നോക്കുക നമ്മുടെ നാട്ടിലെ ഇന്ദ്രന്മാരാണ് ആരെയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ലേ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രസിഡൻ്റ് നമ്മുടെ നാട്ടിലെ എന്ന് വെച്ചാൽ ഓരോ നാട്ടിലും അമേരിക്കയിൽ എവിടെ ആയാലും അതിനപ്പുറം ഉയരാനില്ല പക്ഷെ ആർക്കെങ്കിലും ഞാൻ തൃപ്തനാണ് ഞാൻ പൂർണ്ണതൃപ്തനാണ് എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ സാർ തീർച്ചയായിട്ടും കഴിയും ഞാനിതാ നിങ്ങളോട് പറയുന്നു എനിക്ക് കഴിയും അതെന്തിനിപ്പോൾ ഇവിടെ പറയുന്നു പറയുന്നു എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ആർക്കെങ്കിലും കഴിയുമോ ഇല്ലയെന്ന് നമുക്കറിയേ പിന്നെ ഇവിടെ പറയാൻ അസംതൃപ്തിയുടെ കണിക പോലും ഉള്ളിലില്ല ഉള്ളിലില്ല എന്തിനാ സംതൃപ്തി നല്ല തൃപ്തി വിദ്യാരണ്യസ്വാമികൾ പറയും നിരങ്കുശ തൃപ്തി ഒരു തടവുമില്ലാത്ത തൃപ്തി ജീവിതത്തിൽ അതാണ് അനന്തം അങ്ങനെ പറയാൻ പറ്റുമോ സാർ എന്താ പറയാൻ പറ്റാത്തത് കൃഷ്ണൻ പറയുന്നല്ലോ അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ സാറിപ്പോൾ എന്തിനാണ് ഈ നിർവൃതി വഞ്ചകം ഇവിടെ ചർച്ച ചെയ്യുന്നത് അതെന്താ പൂർണ്ണ തൃപ്തിയോടു കൂടി നിർവൃതി വഞ്ചകം ചർച്ച ചെയ്താൽ എന്താ അവധമല്ലോ ഉണ്ടോ നിർവൃതി വഞ്ചകം ചർച്ച ചെയ്യേണ്ടത് ശരി തൃപ്തിയില്ലാതെ ചർച്ച ചെയ്യുന്നു എന്തിനു ചർച്ച ചെയ്യുന്നു തൃപ്തി ഉള്ളവൻ ആണല്ലോ ആർക്കും സംശയമല്ല സുഖം ഉണ്ടാവാൻ പരണസുഖം അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവാൻ ആണ് നിർവൃതി വ്യഞ്ജകം ചർച്ച ചെയ്യുന്നത് എന്നുണ്ടാവും അത് മരണത്തോടകത്തു ജീവിതം അതിൻ്റെ അന്ത്യഘട്ടത്തെ നേരിടുന്നു തൃപ്തിയില്ലാതെ നിർവൃതി വ്യഞ്ജകം ചർച്ച ചെയ്യുന്നു എന്തിന് തൃപ്തി കിട്ടാൻ എന്ന് അവർ കാര്യം ചെയ്യും തൃപ്തി അനുഭവിച്ചുകൊണ്ട് ചർച്ച ചെയ്യും എന്താ ദോഷം ആർക്കും ഇതാകാം കർമ്മം ചെയ്യൂ എന്ത് കർമ്മമോ ചെയ്യൂ യുദ്ധം ചെയ്യൂ കൃഷ്ണൻ പറയുന്നവർ തൃപ്തി മനസ്സിൻ്റെ അനുഭവമാണ് ഇപ്പൊ തൃപ്തി അനുഭവിക്കൂ ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രാരബ്ധ കർമ്മം നാടകം കൃഷ്ണൻ പറയുന്നതാണ് ഞാൻ പറയുന്നത് മാത്രമല്ല നമ്മൾ പലപ്പോഴും ആ ശ്ലോകം പറയാറുണ്ടല്ലോ നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവക്തമ വക്തവ്യം വർദ്ധയെ വെച്ച കർമ്മണി അർജുന എനിക്ക് ലോകത്തും യാതൊന്നും കിട്ടാനില്ല കാരണം എനിക്കിനി കിട്ടാനൊന്നുമില്ല വാസ്തവത്തിൽ എന്താ കിട്ടേണ്ടത് പരമമായ തൃപ്തി അസാധാരണമായ നിരന്തരമായ ആനന്ദം ശാന്തി ഇതാണ് കിട്ടേണ്ടത് ഞാനതിപ്പോൾ അനുഭവിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എന്തിനു സ്വർഗത്ത് പോകണം അല്ലെങ്കിൽ വേറെ എന്തിനാ വലിയൊരു പകുതി നേടിയെടുക്കണം അല്ലെങ്കിൽ എന്തിനും കൂടുതൽ പണം ഉണ്ടാക്കണം എനിക്കിത് പൂർണ്ണതൃപ്തി അങ്ങനെയാകണം മൂന്നിരോളത്തൊന്നും ചെയ്യാനില്ല ഒന്നും എനിക്ക് കിട്ടാനില്ല പൂർണ്ണതൃപ്തി ഇപ്പോൾ അനുഭവിക്കുന്നു പിന്നെ എന്തിനാണ് ഞാൻ എങ്കിലും വർത്തയേ വച്ച കർമ്മണേ എങ്കിലും അർജുന ഇതാ നിൻ്റെ തേര് തെളിക്കുന്നു നിനക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു ഞാൻ കർമ്മം ചെയ്യുന്നു ഇത് അംഗീകരിക്കുക നമ്മൾ കർമ്മം ചെയ്യുന്നതൊക്കെ സുഖത്തിന് വേണ്ടിയാണ് ആരും ഒരിക്കലും അതല്ലെന്ന് പറയില്ല പക്ഷെ അവസാന നിമിഷം വരെ സുഖം കാര്യമായി കിട്ടുന്നില്ലെങ്കിൽ അല്പം സ്വൽപ്പം ഭക്ഷണസുഖം ശയനസുഖം ഒക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ വലിയ വലിയ ധനികന്മാരുണ്ടല്ലോ ആരോടെങ്കിലും ചോദിച്ചു നോക്കുക എന്താ അങ്ങ് പൂർണ്ണതൃപ്തനാണ് ആ ഞാൻ പൂർണ്ണതൃപ്തനാണ് എന്നൊരു ധനികൻ പറയുന്നെങ്കിൽ വളരെ സന്തോഷം വളരെ സന്തോഷം പക്ഷേ അദ്ദേഹം ഈ സത്യം കൂടി അറിഞ്ഞിരിക്കണം ചെയ്യലൊന്നും അല്ല തൃപ്തി ആത്മാന്വേഷണത്തിലാണ് തൃപ്തി എന്നദ്ദേഹം അറിഞ്ഞ് നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റൂ അല്ലാതെ ഒരൊറ്റ ധനികനും ഇത് പറയാൻ പറ്റില്ല പത്രങ്ങളിൽ തന്നെ നോക്കൂ ഓരോ ധനികന്മാരും എന്ത് ചെയ്യുന്നു ഇതിന് ഇതിനർത്ഥം ധനം വേണ്ടെന്നോ സാമ്രാജ്യം വേണ്ടെന്നും സാമ്രാജ്യമല്ല ലോകം മുഴുവൻ പിടിച്ചിറക്കിക്കൊള്ളൂ വേദാന്തം അതിനൊന്നും ഇതിനല്ല പക്ഷെ നിങ്ങൾ ഈ തൃപ്തി അനുഭവിക്കണം അല്ലെങ്കിൽ ബ്രഹ്മങ്ങളെന്തിനാ പിടിച്ചടക്കുന്നത് വെറും കർമ്മം കൊണ്ടൊരിക്കലും അത് സാധ്യമല്ല അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിൽ വ്യാസൻ ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് അഥാതോ ബ്രഹ്മജിജ്ഞാസ നമുക്കിനി ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം അഥാത്തോ ഇനി ആ ഇനിയെന്ന് വെച്ചാൽ അല്ല നമ്മൾ കർമ്മം മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ കർമ്മകാണ്ഡവേദഭാഗത്തിൽ കർമ്മം മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു കർമ്മകാണ്ഡ വേദഭാഗത്തിലെ കർമ്മങ്ങൾ അതായത് യജ്ഞം ദാനം തപസ് തീർത്ഥാടനം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അതുകൊണ്ടൊക്കെ അങ്ങേറ്റം കിട്ടാവുന്നതെന്താ സ്വർഗം സ്വർഗത്ത് പൂർണ്ണശാന്തിയുണ്ടോ സുഖമുണ്ടോ പുരാണം തന്നെ വായിച്ചു നോക്കുക പലപ്പോഴും തോന്നാറുണ്ട് സ്വർഗത്തിൽ ഇന്ദ്രനുഭവിക്കുന്ന അശാന്തി നമ്മളൊക്കെ അനുഭവിക്കുന്ന അശാന്തിയേക്കാൾ കൂടുതലാകും എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റ് അനുഭവിക്കുന്ന അശാന്തി അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞാൻ പൂർണ്ണ ശാന്തി അനുഭവിക്കുന്നു പറയുമോ ഇത് ശേഷിച്ചു എലക്ഷനൊക്കെ അടുത്തു വരുമ്പോൾ പൂർണ്ണശാന്തി ഉണ്ടോ ഇതാ ഇപ്പം തന്നെ പത്രങ്ങളിൽ വായിച്ചാലറിയാം പൂർണ്ണശാന്തി ഉണ്ട് ഞാൻ പൂർണ്ണശാന്തി അനുഭവിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ കർമ്മം കൊണ്ട് അത് വളരെ സന്തോഷം ഒരു ഒരു രൂപമില്ല ഇന്ദ്രൻ അങ്ങനെ പറയാൻ കഴിയുമോ വായിച്ചു നോക്കുക ഓ ഇന്ദ്രൻ്റെ കഥ ആലോചിച്ചാൽ നമ്മളൊക്കെ അതിനൊക്കെ എന്തുമാത്രം സുഖം അനുഭവിക്കുന്നു ആരെങ്കിലും ഇന്ദ്രൻ വെച്ചാൽ ഇവിടുത്തെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ദ്രൻ അല്ലാതെ അവിടെ ഒരു സ്വർഗം ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ഒരു സ്വർഗത്തിലൊരു ഇന്ദ്രൻ ഉണ്ടെന്നോ അതൊന്നുമല്ല ഇവിടുത്തെ സാമ്രാജ്യാധിപതിമാർ ചക്രവർത്തിമാർ ഭരണാധികാരികൾ വലിയ വലിയ ധനികന്മാർ അവർ തന്നെയാണ് ഇന്ദ്രന്മാർ അവർ കാര്യമായ സുഖം അനുഭവിക്കുന്നുണ്ടോ പലപ്പോഴും പത്രങ്ങളൊക്കെ വായിച്ചാൽ നമ്മേക്കാൾ വളരെയധികം ദുഃഖം അസ്വസ്ഥത ഒരു നിമിഷം പോലും കാര്യമായ അസ്വസ്ഥത അനുഭവിക്കുന്നതായി അത് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത് പൊതുവിൽ അവസാന നിമിഷം ഞാനിതാ പരമശാന്തി അനുഭവിച്ചുകൊണ്ട് ചുറ്റും നിന്നവർ നോക്കുന്നവരോട് പരമശാന്തി അനുഭവിച്ചുകൊണ്ട് ഞാനിതാ ഈ ശരീരം വിടുന്നു എന്ന് പറയാൻ കഴിയുമോ ഏതെങ്കിലും ധനികനോ ഏതെങ്കിലും അധികാരത്തിൽ കഴിയുന്നയാളിനു പറ്റുമോ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്തിനായി കർമ്മം നമ്മൾ ചെയ്യുന്നത് ചോദിച്ച അർത്ഥമല്ല നമുക്കത് ചെയ്തേ തീരു അവശനായി മനുഷ്യൻ കർമ്മം ചെയ്യുകയാണ് അവശനായി കർമ്മം ചെയ്തേ തീരൂ പക്ഷേ അനശ്വരമായ ശാന്തിയോ സുഖമോ അന്വേഷിക്കുന്നുണ്ടോ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് വിചാരം ഇന്നുവരെ ആർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വ്യാസൻ ഈ സ്വർഗം കിട്ടിയതുകൊണ്ടോ യജ്ഞദാന തപസ്സുകൾ നടത്തിയതുകൊണ്ടോ യജ്ഞ ദാന തപോ തീർത്ഥ ദൈവാർച്ച ഭ്രമേഹി ചിരം ആധിശതോപേതാഹയന്തി മൃഗായുവാൻ ഒരു വിരോധമില്ല യജ്ഞം ദാനം തപസ് തീർത്ഥദേവൻ സേവ ഇവിടെ തന്നെ അതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ ചോദിച്ചൊക്കെ കർമ്മമാണ് ഇതൊക്കെ ഇതൊക്കെ കർമ്മമാണ് ഈ കർമ്മം ചെയ്തതുകൊണ്ട് ഒരാൾ തീർത്ഥാടനം നടത്തി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു എന്താ ഓ അത് നടത്തിയതുകൊണ്ട് പരമസുഖം ഇപ്പോൾ എനിക്ക് പരമശാന്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ തീർത്ഥാടനം നടത്തി ഞാൻ പല തീർത്ഥാടകരോടും ചോദിച്ചാൽ ചിലർക്ക് ബേലൂർ മഠം ഒക്കെ കാണാൻ പോയി ശ്രീരാമകൃഷ്ണദേവൻ്റെ ആസ്ഥാനം ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു എന്താ യാത്രയൊക്കെ സുഖമായി യാത്രയൊക്കെ തിരക്കട്ടില്ല സാർ പക്ഷേ ആ വേലൂർ മടത്തി അവളെ നേരെ കുളിക്കാൻ വെള്ളമില്ല ആഹാരമൊക്കെ മഹാ മോശം വളരെ കഷ്ടമായിരുന്നു സാർ ജലദോഷവും പിടിച്ചു എന്നെന്തായാലും കുറേ ദിവസത്തേക്കൊരു ഒരു സ്വസ്ഥതയായിട്ടും ഒന്നും തോന്നുന്നില്ല തീർത്ഥാടനം കരുതി തിരിച്ചു വന്നപ്പോഴുള്ള സ്ഥിതി ഇതാണ് ഈ ആരെങ്കിലും പറയുന്നുണ്ടോ വളരെ ശാന്തി ഇപ്പോഴെനിക്ക് അസാധാരണ ശാന്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹിമാലയത്തിൽ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ അത് ശാന്തി കിട്ടുമോ ഒരു വിരോധവുമില്ല കിട്ടുമെങ്കിൽ ഒരു വിരോധവുമില്ല പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്തിനായി തീർത്ഥാടനം കോലി പോകുന്നു ഒരു വിരോധവുമില്ലേ ഏത് ക്ഷേത്രത്തിൽ വേണോ പോവുക ഒരു വര ക്ഷേത്രത്തിൽ മാസം തോറും പോകുന്നു എനിക്കറിയാം എത്രയോ പേരും ഒന്ന് രണ്ടുപേരും എനിക്ക് നല്ലപോലെ അറിയാം എന്നുവെച്ചാൽ മാസം തോറും ഈ ടൂറിസ്റ്റ് കാറും ഒക്കെ വിളിച്ച് ഗുരുവായൂരൊപ്പം പോയി എൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെ പണമൊക്കെ തീർന്നു കടം വാങ്ങിച്ചു പോയി പലിശ കൊടുക്കാൻ നിവർത്തിയില്ല പാരമ ദുരിതം വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ആർഭാടമായി കോവിലിൽ പോയി തിരിച്ചു വന്നു ഗുരുവായൂരപ്പം രക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ രക്ഷിച്ചത് ഇത് പരമ ദുരിതം കരച്ചിൽ ചെന്നാൽ നമ്മോടതേ പറയാനുള്ളൂ ഇതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് അങ്ങനെ സ്വർഗം വരെ നമുക്ക് കിട്ടാം എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം ഈ കർമ്മം കുറേ പണം ഉണ്ടാക്കിയാലൽപ്പം ഭക്ഷണം കഴിക്കാം വീട്ടിൽ നല്ലൊരു വീട് വച്ച് ഒന്നാം നിരം കസേരകളും അത് ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ജീവിക്കാം ആരെങ്കിലും വന്ന് കണ്ടാൽ തന്നെ അതിഗംഭീരം അടുത്തു കൂടി എന്താ സ്വസ്ഥത ഈ ഒരു സ്വസ്ഥതയില്ല ഞാനൊരാൾ ഒരാളുടെ അടുത്ത് ചെന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത് ഒരു വലിയ ധനികൾ കേരളത്തിലെ അദ്ദേഹം അങ്ങനെ അൽമാരകൾ ഗുരുദേവ കൃതികളൊക്കെ അങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചു അല്ല അങ്ങ് ഇതൊക്കെ വായിക്കാറുണ്ടോ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ബാലകൃഷ്ണന്മാരെ ഒരു സ്വസ്ഥത കിട്ടിയിട്ട് വേണ്ടേ ഇത് വായിക്കാൻ സ്വസ്ഥത കിട്ടാനാണ് ഇവര് ഇവരുകയുള്ളു ചരി പക്ഷെ സ്വസ്ഥത കിട്ടിയിട്ട് വേണ്ടേ വായിക്കാൻ എങ്ങനെ കിട്ടും എന്ന് കിട്ടും എന്ന് വായിക്കാൻ പറ്റും ഇന്ന് നാട്ടിൽ നടക്കുന്നതൊക്കെ ഇതാണ് പക്ഷെ എന്തെങ്കിലും ഒരു അസ്വസ്ഥ അസ്വാസ്ഥ്യമായിട്ടൊരാശ്രമത്തിൽ പോയി ഒരു കർമ്മം കൂടെ കൂട്ടിച്ചേർക്കുക വീട്ടിൽ പോയി ദിവസേന രണ്ട് നേരം സഹസ്രനാമം ജപിക്കുക ഒരു വിരോധവുമില്ല കാലത്ത് ലളിതാ സഹസ്രനാമം ഉച്ചയ്ക്ക് വിഷ്ണു സഹസ്രനാമം വൈകുന്നേരത്ത് ശിവസഹസ്രനാമം ഇത്രയും കൂടെ ജപിക്കും ആകെ സമയവുമില്ല പലതും ചെയ്ത് ബുദ്ധിമുട്ടിയാണേ ചെന്നത് കുറേ കർമ്മം കൂടെ കൂട്ടിച്ചേർത്തു ഇത് ഞാൻ പറയുന്നതല്ല ഭാഗവതം പറയുന്നതാണേ ഭാഗവതം ഇതുകൊണ്ട് നമുക്ക് സ്വസ്ഥത കിട്ടുമോ എന്താ ഭാഗവതം ചോദിക്കുന്നു ആമയോ യസ്ഥഭൂതാനാം ജായത്തെ യന സുഹ്രത തദവഹ്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിത്തം ഒരു പ്രത്യേക സാധനം കഴിച്ച് ഒരാൾക്ക് സുഖക്കെടുള്ളൂ നെയ് കഴിച്ച് ഒരാൾക്ക് സുഖക്കേട് വന്നു വയറ്റിളക്കവും ബുദ്ധിമുട്ടുമൊക്കെ വന്നു അപ്പം വൈദ്യൻ്റെ അടുത്ത് ചെന്നു എന്തായാലും ഇപ്പം മാർഗം ആ കുറച്ച് നെയ്യ് കൂടെ കഴിക്കൂ ഇതാണോ ശരിയായ ചികിത്സ ഒരു കർമ്മം കൂടെ കൂട്ടിച്ചേർക്കുക ഇതൊക്കെ കർമ്മമാണ് എവിടെ ചെന്നാലും ഒരു കർമ്മം കൂടെ കൂട്ടിച്ചേർക്കാൻ പറയുകയാണ് ഒന്നിൽ ഒരു ഹോമം നടത്തും ആരും കൂടി ഇവിടെ പൈസയും ഇല്ല പലയിടത്തും ഇപ്പം ചെന്നാലും ഒരു ജോത്സൻ്റെ അടുത്ത് ചെന്നാൽ ഒന്നും കുറ്റം പറയുകയല്ലേ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടിൽ ആ അതിന് ഒരു ഒരു സുദർശന ഹോമം നടത്തിയാൽ ഒരു തിരക്കേടുമില്ല അതിനൊരു ചാർട്ട് ഞാൻ തരാം ഇരുപതിനായിരം രൂപയാവും എത്ര പേര് എന്നോട് ഒന്ന് പറഞ്ഞു പാലക്കാട്ടുള്ള ഒരു ഒരു ബ്രാഹ്മിൻ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ വീട്ടിൽ കുട്ടികൾക്ക് ദുരിതം മഹാ ദുരിതം ഞാൻ ജോത്സ്യൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് പരിഹാരമുണ്ട് ഒരു ഒരു സുദർശന ഹോമം നടത്തണം അതിന് ഇന്നാരെ കാണണം അപ്പോൾ ആ മന്ത്രവാദിയും ജോത്സ്യനും തമ്മിൽ പരിചയക്കാരാണ് ആ മന്ത്രവാദിയെ കണ്ടു എന്താ ചാർജ് ഇരുപതിനായിരം രൂപ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇത് സ്വല്പം കൂടുതലല്ലേ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട പതിനായിരം രൂപയ്ക്ക് ഞാൻ നടത്തി തരാം പിന്നെന്താ അത് തീർന്നില്ല കർമ്മമാണിത് ഇത് നടത്തി ഇവിടെ ഒന്നൊരു രണ്ട് പേര് എനിക്കറിയാം പോയിട്ട് വന്ന് സുദർശന വേറെ എൻ്റെ ഹോമം നടത്തി നാലായിരം രൂപ ആദ്യം പറഞ്ഞിരുന്നു ഒരാൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാണ് നാലായിരം രൂപ കൊടുത്ത് പക്ഷെ തീർന്നപ്പോൾ പോയിട്ട് പറയുന്നു ആ അത് പോരാ ആയിരം രൂപ കിട്ടണം അയാളാകെ ബാച്ചാൽ ആകെ ആറായിരം രൂപയൊക്കെ രക്ഷിച്ച് കയ്യിലുണ്ടായിരുന്നുള്ളൂ സാർ ഞാൻ എന്ത് ചെയ്യാനാണ് ഇതൊക്കെയാണ് സ്ഥിതി അപ്പോൾ ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് വേണ്ടെന്നൊന്നും വയ്ക്കാൻ ഒക്കില്ല പരിഭ്രാന്തമായ ജീവിതം സർവത്ര ഭ്രമം മനുഷ്യന് കർമ്മഭ്രമം കർമ്മഭ്രമം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യർക്കൊന്നും സാധ്യമല്ല അതുകൊണ്ടാണ് വ്യാസൻ പറയുന്നത് കർമ്മം കൊണ്ട് വരെ കിട്ടാം അതുകൊണ്ടൊന്നും രക്ഷയില്ല സ്വർഗത്തുള്ളവരൊക്കെ പരമ ദുരിതമനുഭവിക്കുന്നു ഒരു സ്വസ്ഥതയും ഇല്ല അവിടെ കല്പവൃക്ഷമുണ്ട് കാമധേനുമുണ്ട് അപ്സരസുകളുണ്ട് പക്ഷെ ഒരു സുഖവും കിട്ടുന്നില്ലല്ലോ പുരാണം വായിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തുവേണം അഥാഥോ ബ്രഹ്മജിജ്ഞാസ നമുക്ക് ബ്രഹ്മത്തെ അന്വേഷിക്കാം അല്ലാതെ ഈ കർമ്മം കൊണ്ടൊന്നും യാതൊരു രക്ഷയിനില്ല ഈ ബ്രഹ്മാന്വേഷണമാണ് അതായത് ആത്മാന്വേഷണം ബ്രഹ്മാന്വേഷണം എന്ന് കേട്ടാൽ പേടിക്കാനില്ല അവനവൻ്റെ സ്വരൂപം അന്വേഷിക്കുക ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ആ ബോധത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അന്വേഷിക്കുക ഇതാണ് അതാണ് ഭാഗവതം പറയുന്നത് ഈ കർമ്മം കൊണ്ടാണ് സൂക്കയുടെ കുറെ കർമ്മം കൂടെ ചെയ്താൽ സൂക്കേട് തീരുമാനം ഏവം നൃണാം ക്രിയാ യോഗ സർവേ സംസ്ഹേതവ പരീക്ഷിച്ച് ഏവം നൃണാം ക്രിയാ യോഗ സർവേ സംസ്കൃതിഹേതവ കർമ്മമാണോ സംസാരദുഃഖമുണ്ടാക്കും എന്ത് കർമ്മമായാലും രാജ്യം പിടിച്ചടക്കിയാലും ശരി യജ്ഞം നടത്തിയാലും ശരി കർമ്മമാണ് യജ്ഞം തീർത്ഥാടനം നടത്തിയാലും ശരി ദാനം ചെയ്താലും ശരി ഒക്കെ സംസ്കൃതി ഹേതവ സംസാര ബന്ധം വർദ്ധിപ്പിക്കും അതിനെന്തു വേണം അതുകൊണ്ട് തലേ ആത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാപ്പരയെ അതുകൊണ്ട് ഈ കർമ്മമെല്ലാം ആത്മവിചാരത്തോടു കൂടി നടത്തുക ആത്മാവിൻ്റെ പൂജയായി അഥവാ ബ്രഹ്മയജ്ഞമായി നടത്തുക ഫലേച്ഛ കൂടാതെ ഫലം കിട്ടുന്നത് അംഗീകരിച്ചോളുക പക്ഷെ മനസ്സിനെ ഫലേച്ഛയിൽ കൊടുക്കാതെ ഫലേച്ഛയാണ് ബന്ധം അവസാനം വരെ കർമ്മം ചെയ്തത് ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാണേ മനസ്സാകെ വ്യാകുലപ്പെടുന്നത് ഫലേച്ഛയില്ലെങ്കിൽ വ്യാകുലതയില്ല ഫലേച്ചില്ലെന്ന് വിചാരിച്ച് ഫലം സ്വീകരിക്കരുതെന്ന് കൃഷ്ണൻ ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ ഭംഗിയായി കർമ്മം ചെയ്യൂ ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരാം ചിലപ്പം ഫലം കിട്ടിയില്ലെന്ന് വരാം അത് ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സത്യമുറപ്പിക്കൂ ഇതൊക്കെ വെറും താൽക്കാലികമാണ് നശ്വരമാണ് കിട്ടിയാൽ അനുഭവിക്കൂ അപ്പോഴും സത്യമുറപ്പിക്കൂ ഈ കിട്ടിയ ഫലമൊന്നും അല്ല ജീവിതത്തിലെ സായുജ്യം ഇവിടെ അനശ്വരമായ ഒരു സത്യമുണ്ട് ആനന്ദഹനമായ സത്യം അത് ഞാൻ തന്നെയാണ് രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും മാറ്റിയാൽ ഞാൻ ആനന്ദമാണ് വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും അകറ്റിയാലും മതി ഇപ്പം അനുഭവിക്കുന്ന ആനന്ദം പോലും ഈ ആത്മാനന്ദമാണ് അല്ലാതെ നിങ്ങൾ കർമ്മം ചെയ്തോ കാശ് ചിലവാക്കിയോ ഉണ്ടാക്കുന്ന ആനന്ദമല്ല കർമ്മം ചെയ്യുന്നതും കാശ് ചിലവാക്കുന്നതുമൊക്കെ തൽക്കാലം ഒന്ന് മറമാറ്റി ഈ ആനന്ദം അനുഭവിക്കാനുള്ള ചില ഉപായങ്ങൾ മാത്രം പക്ഷെ അത് കൃത്രിമമായതുകൊണ്ട് ഉപായം മാറുമ്പോൾ ആനന്ദവും മാറുന്നു പണം ചിലവാക്കി പാട്ട് കേൾക്കുന്നു പല ടിക്കറ്റൊക്കെ എടുത്താൽ പോയാൽ പാട്ട് നല്ല പാട്ടൊക്കെ കേൾക്കാൻ പറ്റുള്ളേ അപ്പോഴൊരാനന്ദം തോന്നും പാട്ടിലെ ആനന്ദമല്ല പാട്ട് കേട്ടപ്പോൾ മനസ്സ് മറ്റു സങ്കല്പങ്ങളൊക്കെ ഒന്ന് മാറി ഏകാഗ്രപ്പെട്ടു ഉള്ളിലെ ആത്മാനന്ദം കുറച്ചു നേരം അനുഭവിച്ചു പാട്ട് പോയപ്പോ ആനന്ദവും പോയി വീണ്ടും പാട്ട് കേൾക്കണം നല്ല ഭക്ഷണം കഴിച്ചപ്പോ അല്പ ആനന്ദം തോന്നി എന്താ സ്ഥിരമായ ആനന്ദമുണ്ടോ ഇല്ല ഈ വീണ്ടും കുറെ കൂടി നല്ല ഭക്ഷണം അന്വേഷിച്ച് ഓടി നടക്കുകയാണ് മനുഷ്യൻ ഇതെന്നവസാനിക്കും ഒടുവിലായപ്പോഴോ ഒടുവിലാകുമ്പോൾ ഇത്ര ഉപായങ്ങൾ പോലും ഫലിക്കാതെ പോകും ആണോ പാട്ട് കേൾക്കാം എന്ന് വെച്ചാൽ ചെവിക്ക് ചെവി ഈയിടെ കേൾക്കുന്നില്ല ചെവി ഒക്കെ പോയി നല്ല സീരിയലുള്ളതും കാണാമെന്ന് വെച്ചാൽ കണ്ണുനേരേ കണ്ടു കൂട നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാം ചുറ്റുമുണ്ട് ഒന്നാം തരം പഴങ്ങളിൽ അത് ഇതൊക്കെ ചുറ്റുമുണ്ട് പക്ഷേ പല്ലൊക്കെ പോയി ഇനിയിപ്പോൾ അതൊന്നും നേരെ കളിക്കാൻ വയ്യ ആകെ ഭേദമാണ് ചില ആകെ ഇപ്പം എല്ലാ ഓണവും ഒന്നും അനുഭവിക്കാനൊക്കെ വയ്യതാണ് അപ്പൊ പിന്നെ ഇവിടെയാണ് സുഖം കിട്ടുക ഞാനീ പറയുന്നത് ഇത് ചിന്തിക്കണം ഈ കർമ്മം ചെയ്ത് ജീവിതത്തിൽ കാര്യമായ സുഖമോ ശാന്തിയോ അനുഭവിക്കാൻ എപ്പോഴെങ്കിലും പറ്റുമോ പറ്റൂയില്ലെങ്കിൽ നല്ല കാലത്ത് തന്നെ ആത്മാന്വേഷണം തുടങ്ങില്ല ഇതാ അതാണ് ഈ കർമ്മങ്ങൾ തന്നെ തടയോ ആത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതപ്പരെ ഫലേച്ഛ കൂടാതെ കൃഷ്ണൻ ഫലേച്ഛയില്ലാതെ ഈശ്വരജനതയോടെ കർമ്മം ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാര്യം ഫലം വരുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം അപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക പണം കിട്ടി ഭഗവാനെ അവിടെ നിന്നാണ് ആ സത്യം ഈ പണമൊന്നും സത്യമല്ല ഫലയച്ഛയിൽ കടുത്ത നിർബന്ധമില്ല മനസ്സിലാഘവപ്പെടുന്നു രാഗദ്വേഷങ്ങൾ കുറയുന്നു ആത്മാനന്ദം കുറെശ്ശ തെളിയുന്നു അതാണ് ഭഗവാൻ അർപ്പിച്ച് കർമ്മം ചെയ്താൽ യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യുന്നു ബ്രഹ്മയജ്ഞം കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതന ഗാന്ധ്യം ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മത്തെ അർപ്പിക്കുന്നു ഏത് കർമ്മവും മഹാഭാരതത്തിലെ വ്യാധൻ ചെയ്തതുപോലെ അടച്ചുപെട്ടിവെക്കുന്ന കർമ്മം ബ്രഹ്മപൂജയായി നിർവഹിക്കുന്നു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹേ ഹോമദ്രവ്യം ബ്രഹ്മം തന്നെ ലക്ഷ്യമന്ത ബ്രഹ്മപ്രാപ്തി ഇതെങ്ങനെ സാധിക്കും റച്ചി വെട്ടി വിൽക്കുമ്പോ ഈ ഇറച്ചിയും ബ്രഹ്മം തന്നെ വെട്ടുന്ന ഞാനും ബ്രഹ്മം തന്നെ കത്തിയും ബ്രഹ്മം തന്നെ വാങ്ങുന്ന പൈസയും ബ്രഹ്മം തന്നെ എന്നൊന്നോർമ്മിച്ചാൽ മതി കർമ്മമെന്തുമാവട്ടെ അർജുനന്റെ ഇത്ഥം അർജുന ഭീഷ്മരും ബ്രഹ്മം നീയും ബ്രഹ്മം ഞാനും ബ്രഹ്മം നീ അയക്കുന്ന അമ്പും ബ്രഹ്മം ഇതൊന്നും ഓർമ്മിക്കൂ ഈ ഓർമ്മ ഇങ്ങനെ ദൃഷ്ടപ്പെടുമോ യുദ്ധം ഗംഭീരമായ ബ്രഹ്മയജ്ഞം ഫലമോ നിന്റെ മനസ്സ് ഭേദചിന്തവിടും പക്ഷേ അമ്പും ബ്രഹ്മം ജ്ഞാനും ബ്രഹ്മം ഭീഷ്മരും ബ്രഹ്മ ഇന്നെന്താ ഭേദചിന്ത പമ്പെയ്യുന്നതും ബ്രഹ്മം കർമ്മം അതാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് കർമ്മം കർമ്മഭേദമൊന്നും കണക്കരുത് ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ ഇവിടെ ഒരു ഭേദവുമില്ല കർമ്മത്തിനും ഭേദമില്ല ജന്മത്തിനും ഭേദമില്ല ഒന്നിനും ഭേദമില്ല ആ അത് മനസ്സിലുറപ്പിച്ചുകൊണ്ട് കൂടിക്കൂടി വരുന്ന ശാന്തി അനുഭവിച്ചുകൊണ്ട് യുദ്ധം വരെ ചെയ്യൂ അർജുന അതാ നല്ല സുഖമാണോ നല്ല സുഖം കൃഷ്ണനെ പോലെ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ മക്കളൊക്കെ ചത്തു വീഴുന്നു നല്ല സുഖമാണോ നല്ല സുഖം എന്തായാലും ഒഴിഭേദമല്ല ആകെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ നല്ല സുഖം അതാണ് കൃഷ്ണന്റെ മഹത്വം അപ്പോ കർമ്മം ഫലേച്ചുകൂടാതെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ പലരും ഗീതയെ അപഹസിക്കുകയാണ് പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നത് ഇല്ല ഫലേച്ചയോടുകൂടി ചെയ്താലോ ഫലം കിട്ടും ഈ സത്യം ഉറപ്പുവരില്ല ഉറപ്പുവരാതാവുമ്പോൾ അനേകം കോഴികൾ സമ്പാദിച്ചു നിരവധി വീടുകൾ ഉച്ചു മതിയായോ ഒട്ടും മതിയായില്ല ഇപ്പോഴാണ് കൂടു ഇനിയും കൂടുതൽ കൂടുതൽ വേണം ഇന്ദ്രനെപ്പോലെ വേറെ ആരെങ്കിലും അവരനുഭവിക്കുന്ന സുഖം അനുഭവിക്കുന്നെങ്കിൽ കടുത്തി അസൂയ അവരുമായി മാത്സര്യം യുദ്ധം കോലാഹലം ഒടുവിൽ മരണം എന്തു സാധിച്ചു ആഗ്രഹിച്ച സുഖം എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ല നേരെ കുറച്ച് ഫലേച്ചയില്ലാതെ ഭംഗിയായി കർമ്മം ചെയ്യൂ കിട്ടുന്ന ഫലം ഭംഗിയായി അനുഭവിക്കാൻ ഭഗവാനെ വിളിച്ചോണ്ട് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്താലും ഫലം കിട്ടിയെന്നും വരാൻ ഇല്ലെന്നും വരാം അനിശ്ചിതമാണ് അപ്പോൾ ഫലം കിട്ടിയില്ലെങ്കിൽ കടുത്ത നിരാശ കിട്ടിയാൽ അഹങ്കാരം പോയി ജീവിതമാകെ പാഴായി നേരെ വെച്ച് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്തു കൃഷ്ണൻ പറയുന്നേ അർജുനനോട് അർജുന ജിതോവാ ജിത്വാ പ്രാപ്സസി സ്വർഗം ജയിച്ചാൽ നിനക്ക് രാജ്യം മരിച്ചാൽ സ്വർഗം ഫലേച്ഛയില്ലാതെ ഈശ്വരചിന്തയോടുകൂടി കർമ്മം ചെയ്യാമെങ്കിൽ ഇത് രണ്ടും സംഭവിക്കാം ഫലേച്ഛ പുലർത്തിയാലും ഇത് സംഭവിക്കാം ഇല്ലെങ്കിലും സംഭവിക്കാം ജിത്വാ ഭോക്ഷ്യസേം മഹീം ജിത്വ ജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യം കിട്ടും മരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും ഇത് രണ്ടും സംഭവിക്കാം രണ്ടായാലും നിനക്ക് നഷ്ടമില്ല ഫലേച്ഛ വെടിഞ്ഞ് ഈശ്വര ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ നിനക്ക് നഷ്ടമൊന്നും വരാനില്ല അവസാനമോ പൂർണ്ണമായ സുഖമാത്മസുഖം ഈ നേടിയ കല്ലുമ്പുള്ളും കൊണ്ടുള്ള സുഖമല്ല ജടങ്ങൾ കുറേ ജടസമ്പാദ്യങ്ങൾ നേടുന്നത് കൊണ്ടുള്ള സുഖമല്ല അതിരറ്റ ആത്മസുഖം നിനക്ക് ലഭ്യമാവും ഇതാണ് ഈ ആത്മവിചാരം കർമ്മമയമായ ജീവിതത്തിൽ കാര്യമായ സുഖമോ ശാന്തിയോ വേണമെങ്കിൽ ആത്മവിചാരം കൂട്ടിച്ചേർക്കുക അതെങ്ങനെ സാറേ ആത്മവിചാരം മറ്റൊന്നുമല്ല ബോധം ബോധമാണ് ജഗത്തിൻ്റെ പരമകാരണം ഈ കാണുന്നതൊക്കെ ബ്രഹ്മം ബോധം ഇതുറപ്പിക്കുക ഇവിടെ രണ്ടാമതൊന്നുമില്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഉറപ്പിക്കുക ഉറപ്പിക്കും തോറും മനസ്സ് രാഗദ്വേഷ വിമുക്തമാവും നിരപേക്ഷമായ ആനന്ദം അനുഭവിക്കാം വേണമെങ്കിൽ വീണ്ടും കർമ്മം ചെയ്യാം ഭൗതിക ഫലങ്ങളൊക്കെ അനുഭവിക്കാം വെച്ചാൽ അപ്പോഴുമെല്ലാം ബ്രഹ്മമയം അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കുന്ന ഫലമൊന്നും മനസ്സിൽ പറ്റിക്കയറി സംഘമുണ്ടാക്കി ദുഃഖിപ്പിക്കുകയില്ല അവസാനമോ എല്ലാം പോയാലും പരമസുഖം ചിലർ വിചാരിക്കാറുണ്ട് ഈ ഗീത കർമ്മം കർമ്മയോഗം ഭഗവാൻ രാമകൽ കർമ്മം ചെയ്യാനാണ് പറയുന്നത് ശുദ്ധാസംബന്ധമാണേ ഒരിക്കലും ഭഗവാൻ അത് പറയില്ല സത്യവിചാരം കൂട്ടിച്ചേർത്തുകൊണ്ട് കർമ്മം ചെയ്യും സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധച്ച എന്നെ എപ്പോഴും ഓർമ്മിച്ചോളൂ യുദ്ധവും ചെയ്യൂ അങ്ങനെ ആയാലോ നീ യുദ്ധം ചെയ്ത് ചെയ്ത് അങ്ങോട്ട് പോകും തോറും എൻ്റെ അപ്പപ്പനാണ് ഭീഷ്മർ ഞാൻ കൊല്ലുന്നു ആ ചിന്തയൊക്കെ പോവും എന്നെ വിട്ടുപോകും എന്താ കാര്യം എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുകയല്ലേ ഞാനേ ഉള്ളൂ എന്നെ ഓർമ്മിക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ ഓർമ്മിക്കുക ഞാനേ ഉള്ളൂ ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ ഇത് ഓർമ്മിക്കും തോറും ഭീഷ്മരുമില്ല നീ യുദ്ധവും ചെയ്യുന്നില്ല അർജുന യസ് ന അഹങ്കൃതോ ഭാവോ ബുദ്ധറി യസ് ന ലിപ്യത ആർക്കാണോ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കാരമില്ലാത്തത് ആരുടെ ബുദ്ധിയാണോ ഞാൻ പാപം ചെയ്യൂ പുണ്യം ചെയ്തു എന്നൊന്നും ചിന്തിച്ച് ഖേദിക്കാത്തത് ഹത്വാഭിസൈമാൻ ലോക്കാൻ അവനിൽ സത്യം തെളിയും ബ്രഹ്മം തെളിയും ബ്രഹ്മം തെളിഞ്ഞാലോ അവനീ ലോകത്തെ മുഴുവൻ കൊല്ലട്ടെ നഹന്തി കൊല്ലുന്നില്ല ഇത് ഗീത പറയുകയാണ് എന്തുകൊണ്ട് കൊല്ലുന്നില്ല ഇവിടെ ഒന്നുമില്ല ആകെ വരുമ്പോൾ അവനേ ഉള്ളൂ അത് ജനിച്ചതല്ല അത് മരിക്കിയില്ല ഈർണിക്കില്ല അത് ആനന്ദഹനവുമാണ് അത് ഞാൻ തന്നെ ഇനിയിപ്പോൾ ഞാൻ ആരെ കൊല്ലാം പിന്നെ ഈ യുദ്ധമൊക്കെ വെറും നാടകം അഹോ നാടകം നിഖിലവും ഇതൊന്നും എന്നെ ബാധിക്കില്ല ഒന്നും എന്തൊക്കെയോ ചെയ്തു കർമ്മം വെറും ഭ്രമം ഞാനൊന്നും ചെയ്തിട്ടില്ല ലോകത്തെ മുഴുവൻ കൊന്നാൽ പോലും ന ഹന്തി കൊല്ലുന്നില്ല ന നിബദ്ധ്യത്തെ അവൻ ബദ്ധനായും തീരുന്നില്ല ഇത് ഉറപ്പ് വരും ഈ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ഗീത അവസാനമായി നേടണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ സിദ്ധിയുടെ പേര് നൈഷ്കർമ്മ്യ സിദ്ധി പേരുകൊണ്ട് തന്നെ എന്താർത്ഥം കർമ്മത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത സിദ്ധി എന്താ സിദ്ധി നിരന്തരമായ ആനന്ദാനുഭവം അല്ലാതെ ഭസ്മം ഉണ്ടാക്കലോ ആകാശ ഗമനം നടത്തുകയോ അതുകൊണ്ടൊന്നും ആർക്കും ഒരു ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല കുറച്ച് ഭസ്മുണ്ടാക്കിയുണ്ടോ ഭസ്മുണ്ടാക്കി കൊടുത്തതുകൊണ്ടോ സ്വയം ഉണ്ടാക്കിയതുകൊണ്ടോ അണിമാതി സിദ്ധികൾ നേടിയതുകൊണ്ടോ ഒക്കെ അവിദ്യ നേടുന്നവർക്ക് സുഖമില്ല അതാർക്കു വേണ്ടി നേടുന്നു അവർക്കും സുഖമില്ല നേരെ നൈഷ്കർമ്മ്യ സിദ്ധി കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത വസ്തുലാഭം എന്താ ബ്രഹ്മം ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ നിശ്ചല ആനന്ദഹനമായ ബോധം ഞാൻ അതുതന്നെ ഞാൻ എന്റെ ഉള്ളിൽ നിത്യമായി അനുഭവപ്പെടുന്ന ആ ബോധം അത് തന്നെ എന്നുറപ്പ് ഇതാണ് നൈഷ്കർമ്മ്യ സിദ്ധി ഇതാണ് ഗീത അവസാനമായി നേടണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് പേര് തന്നെ എന്താ നൈഷ്കർമ്മ്യ സിദ്ധി നൈഷ്കർമ്മ്യം കർമ്മത്തിൻ്റെ സ്പർശമില്ലാത്ത സിദ്ധി എങ്ങനെയായാലത് കിട്ടും ആ സിദ്ധിയാണ് നിറവൃതി ഗുരുദേവൻ ചർച്ച ചെയ്യുന്ന നിറവൃതി ഈ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് അതെങ്ങനെയായാൽ കിട്ടും ഗീത പറയുന്നു അസത്വ ബുദ്ധി സർവത്ര നിങ്ങൾ ശരീരം കർമ്മം ചെയ്യുകയോ തലകുപ്തി മറിയുകയോ യുദ്ധം ചെയ്യുകയോ എന്തു വേണോ ചെയ്യുള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് ഒന്നിനോടും സംഘമില്ല നിരങ്കുശാതൃപ്തി അതിരില്ലാത്ത തൃപ്തി അനുഭവിക്കാം ഇവിടെ സംശയം വല്ലതോ അസക്തബുദ്ധി സർവത്ര സർവത്ര അസക്തബുദ്ധി ഈ കുടുംബാംഗങ്ങളോട് സംഘമുണ്ടോ ഇല്ല അവർക്ക് വേണ്ടി പരമാവധി ചെയ്യാവുന്ന ഒക്കെ ചെയ്യുന്നു ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നു അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു പരമാവധി പക്ഷെ സംഘമില്ല എന്തുകൊണ്ട് അവരും ബ്രഹ്മം ഞാനും ബ്രഹ്മം വസ്തു ശാസ്ത്രീയമായ സത്യം ഇതാണ് ഇനി എനിക്കവരോടെന്താ സംഘം എൻ്റെ പിന്നാര് അങ്ങനെയൊന്നുമില്ല ഒരേ ഈശ്വരൻ ഒരേ ബ്രഹ്മം പിന്നെന്താണ് സംഘം നിങ്ങൾ കെട്ടിയ വീടിനോട് സംഘമില്ലേ ഞാനോ ഞാൻ വീടൊന്നും കെട്ടിയില്ല ഒരു ബ്രഹ്മയജ്ഞം നടത്തി എനിക്കൊരു സംഘവും ഇല്ല വീടും ബ്രഹ്മം കെട്ടിയ ഞാനിമ്മ കെട്ടിയ എന്ന കർമ്മം പോലും ബ്രഹ്മം അതാണിവിടെ ഗുരുദേവം പറയുന്നത് കർമ്മമെല്ലാം ബ്രഹ്മം കർമ്മഭേദനില്ല ബോധമില്ലെങ്കിൽ ഏത് കർമ്മം ബോധമില്ലെങ്കിൽ ഏത് വ്യക്തി ബോധമില്ലെങ്കിൽ ഏതെന്ത് ഒന്നുമില്ല ഒന്നും അതുകൊണ്ട് സർവം ബ്രഹ്മമയം പിംഭോക്തവ്യം കിം അഭോക്തൊക്കിം കരണീയം കിം അകരണീയം കർമ്മം എന്ത് ചെയ്യാം എന്ത് ചെയ്യാതിരിക്കാം സർവം ബ്രഹ്മമയം ഇത് ഉറപ്പ് വന്നാൽ കർമ്മം ചെയ്യൂ വേണമെങ്കിൽ കർമ്മം ചെയ്യൂ ഫലം അനുഭവിക്കൂ മഹാഭാരതത്തിലെ കർമ്മവ്യാസനം പോലെ ഉറച്ചു വെട്ടിവെക്കുന്നു പണമെല്ലാം എണ്ണിയെടുക്കുന്നു വീട്ടിൽ പോയി അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നു എന്താ കാര്യം പണവും ബ്രഹ്മം അച്ഛനും അമ്മയും ബ്രഹ്മം അവരെ ശുശൂഷിക്കുന്നതും ബ്രഹ്മം ഇറച്ചി വെട്ടുന്നതും ബ്രഹ്മം ഇത് ശാസ്ത്രീയ സത്യം ബോധം മാത്രമേ ഇവിടെയുള്ളൂ അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി കർമ്മം ചെയ്തുകൊണ്ടിരിക്കവേ ഈ സിദ്ധി കിട്ടിയാൽ ഒരു കർമ്മവുമില്ല നിറവൃതി നിറവഴുതി ആ കർമ്മഭേദത്തെക്കുറിച്ചൊന്നും ചർച്ചയില്ല ഇത്യാദി വാദോ ഉപരതറി യസ്യസെയോ നിർവൃതി ഇത്തരം ചർച്ചകളൊക്കെ ആരിൽ അവസാനിക്കുന്നുവോ അദ്ദേഹത്തിന് മാത്രമേ നിർവൃതിയുള്ളൂ അപ്പോ സർവത്രാസക്തവൃദ്ധേ കർമ്മമാകച്ച ഗമാകച്ച അതൊക്കെ പറയും പക്ഷെ അതിലൊന്നും സംഘമില്ല വരാൻ പറഞ്ഞാലും ഇരിക്കാൻ പറഞ്ഞാലും പ്രവേശിക്കാൻ പറഞ്ഞാലും ഒരു സംഘമില്ല വരുന്നതും ും പ്രവേശിക്കുന്നതും ഒക്കെ ബ്രഹ്മപൂജ താനായാലും മറ്റുള്ളവരായാലും ആരായാലും അപ്പോ അസത്വബുദ്ധി സർവത്ര ജീതാത്മാ ജീതാത്മാ ആ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞു എന്താ മനസ്സിന്റെ ജയം മനസ്സെവിടെ കർമ്മത്തിലായാലും ശരി വസ്തുവിലായാലും ശരി ദേശത്തിലായാലും ശരി കാലത്തിലായാലും ശരി മനസ്സ് എവിടെ ചെന്ന് പറ്റുന്നോ ബ്രഹ്മത്തെ കാണുക ഇതാണ് ജിതാത്മത്വം മനസ്സിനെ അങ്ങനെ പഠിപ്പിക്കാമോ എവിടെ ചെന്ന് പറ്റിയാലും ബ്രഹ്മത്തെ അറിയും കാണുമെങ്കിൽ ജിതാത്മാവായി അസത്യബുദ്ധി സർവത്ര ജിതാത്മാ വിഗതപൃഹ ആഗ്രഹം വല്ലതുകൊണ്ടോ ഇനി ഏഹോ ഒരാഗ്രഹവും ഇല്ല അതെന്താ നിരന്തരമായ പരമസുഖം തൃപ്തി ഞാൻ എന്നെ എന്താഗ്രഹിക്കാൻ അപ്പോൾ ഒന്നിനോടും സംഘമില്ല മനസ്സെവിടെയും ബ്രഹ്മത്തെ മാത്രമേ കാണൂ യാതൊരു ഭൗതികമായ ആഗ്രഹവുമില്ല ഇത്രയുമായാൽ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം ഗീതയാണിത് ഗീത അല്ലാതെ എപ്പോഴും കർമ്മം ചെയ്യാനല്ല കൃഷ്ണൻ പറഞ്ഞത് നൈഷ്കർമ്മ്യസിദ്ധി പരമാൻ സന്യാസേന അധിക ശക്തി നൈഷ്കർമ്മ്യസിദ്ധി വന്നു ചേരുന്നു സന്യാസേന എന്താ സന്യാസം ഫലേച്ഛ വിടിയുക ഇതാണ് സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ കാമ്യാനാം കർമ്മണംയാസം കർമ്മം ചെയ്യും പക്ഷെ ഫലത്തെക്കുറിച്ചൊന്നും ചിന്തയില്ല ഒരു ഫലവും ഇനി തനിക്ക് വേണമെന്നില്ല വേണ്ടെന്നുമില്ല കാമ്യാനാം കർമ്മണം ന്യാസം സന്യാസം അല്ലാതെ എന്തെങ്കിലും വേഷം സ്വീകരിക്കുകയോ അതൊന്നും വീട് വിട്ടുപോകുകയൊന്നും അല്ല സന്യാസം കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുക ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മം ഉപേക്ഷിക്കുക അർജുനൻ്റെ തേര് തെളിക്കുന്നു ഭഗവാൻ ഒരു ഫലേച്ഛയുമില്ല അർജുനൻ കുറച്ച് കൂലി കൊടുക്കുമെന്നോ അർജുനൻ്റെ ഇന്ന് എന്തെങ്കിലും ഇന്ന് ഇടാമെന്നോ അത് ഭഗവാനൊരു ചിന്തയുമില്ല അതുകൊണ്ട് ഭഗവാന്റെ തേര് തെളിപ്പ് സന്യാസിയുടെ കർമ്മമാണ് ഒരു താല്പര്യവുമില്ല പിന്നെ എന്തിന് തേര് തെളിക്കുന്നു ചുമ്മാ തേര് തെളിക്കുന്നു ഈ ശരീരം ഇരിക്കുന്നു പരമശാന്തി അനുഭവിക്കുന്നു എന്താ തേര് തെളിച്ചാൽ എന്താ യുദ്ധം ചെയ്താൽ ഒരു ദോഷവും ഇല്ല ഇത് അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ അസക്തബുദ്ധി സർവത്ര ജിതാത്മാവിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാവ ഇതാണ് നേടേണ്ടത് അങ്ങേറ്റത്തെ നൈഷ്കരമ്യ സിദ്ധി ഇത് പറഞ്ഞ് തള്ളിക്കളരുത് ആലോചിക്കുക സുക്കേട് പിടിച്ചു മരിക്കാൻ കിടക്കുന്നു അല്ലെങ്കിൽ സുക്കേട് പിടിക്കാതെ മരിക്കാൻ പോകുന്നു നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു ഒരാൾ ചോദിക്കുകയാണ് എന്താ അങ്ങേക്കിപ്പോൾ പരമസുഖം പരമതൃപ്തി ഒരാൾ പറയുമോ അത് പറഞ്ഞില്ലെങ്കിൽ എന്തിനകാലം ജീവിച്ചു ഇപ്പം ഞാൻ ഇരിക്കുന്നു ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് വെറുതെ പറയുന്നു അത് ശരിയാണോ ഇല്ലയോ നിങ്ങളും നിശ്ചയിച്ചാൽ മതി വെറുതെ അങ്ങ് നിശ്ചയിക്കരുത് ഒക്കെ പെശകാണ് പക്ഷെ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഇത്രയും വയസ്സായി പത്തൊൻപത് എൺപത്തിരണ്ട് വയസ്സായി പലതരം സുഖേടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് സാറും എന്താ ഇപ്പോൾ നല്ല തൃപ്തി അസാധാരണ ശാന്തി പറയുന്ന അപ്പോൾ വിശ്വസിച്ചുകളരുത് അവരവർ അവരവരവരവരുടെ ശാന്തിയും സുഖവും ഒക്കെ നോക്കി മനസ്സിലാക്കണം അല്ല ഒരാൾ പറഞ്ഞെന്ന് ഞാൻ ചൊന്നും അങ്ങനെ വിശ്വസിച്ച് പോകരുത് ഞാൻ വെറുതെ പറയുകയാണ് ഇത് പറയാൻ കഴിയുമോ എൻ്റെ ജീവിതം ധന്യം ഇത് പറയാൻ കഴിയുന്നില്ലേ നിങ്ങളിപ്പോൾ വരികയാണ് സാറേ ഇപ്പോൾ എങ്ങനെയാണ് അസു പലരും വന്ന ഉടൻ ചോദിക്കുന്നത് എന്താ ഇപ്പം അസുഖമൊക്കെ കുറവുണ്ടോ ഓഹോ അസുഖമൊന്നും സാറല്ല പരമസുഖം അല്ല നിങ്ങളൊന്ന് ഈ വ്യവഹാരം ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സുഖമുണ്ടോ സാർ നിർവൃതി വഞ്ചകം ഒക്കെ എടുക്കുന്നല്ലോ എന്ത് പറയാൻ സ്നേഹിത കാലിന് വല്ലാത്ത ഏതാണ് അപ്പോൾ ഒരു നേരവും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല മനസ്സിന് പിന്നെ എങ്കിലും നിർവൃതി വഞ്ചകം ഇരിക്കട്ടെ ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ പ്രകൃതി വെച്ച് ചർച്ച ചെയ്യുന്നത് വെറുതെ ഇവിടെ നിന്നും കിടന്നാൽ പോരേ എന്നുവെച്ചാൽ ഏത് നിമിഷവും ആൾ ക്ലോസ് ആവാം തീർച്ചയായിട്ടും ഇപ്പോൾ വാസ്തവത്തിൽ ഞാനിവിടെ ഇരിക്കുന്ന ഇവിടെ എന്നെ പരി ഉള്ള പലർക്കും അറിയാം ഒന്ന് രണ്ട് തവണയൊക്കെ മിക്കവാറും മരണം വെച്ചാൽ ഡോക്ടർ പറഞ്ഞു എല്ലാവരേയും അറിയിച്ചുള്ളൂ എല്ലാവരും വരികയും ചെയ്തു ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമേ അതിന് ശേഷമാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടും ഇപ്പോൾ ഒരു ഒരു സുഖമില്ല എന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പം നിർവഹിക്കഞ്ച ചർച്ചയിൽ നിന്ന് ഞാൻ പറയുന്നത് ഇത് ഉറപ്പിക്കാൻ പറ്റുമോ ഇപ്പോഴുറപ്പിക്കുക ജനിക്ക് പരമതൃപ്തി പിന്നെ നിങ്ങളിപ്പോൾ എന്തിനാ കട നടത്തുന്നത് അല്ല അതിൽ അതിനിപ്പം എന്താ ദോഷം തൃപ്തിയോടുകൂടി കട നടത്തുന്നു അതുകൊണ്ട് വല്ലതും ഫലം കിട്ടിയാൽ അനുഭവിക്കുകയും ചെയ്യുന്നു കട നടത്തുമ്പോഴും തൃപ്തി ഫലമനുഭവിക്കുമ്പോഴും തൃപ്തി അല്പം നഷ്ടം വന്നാലും തൃപ്തി ലാഭം വന്നാലും തൃപ്തി ഒക്കെ ബ്രഹ്മമയം ഇതൊക്കെ ഈ തൃപ്തിയില്ലെങ്കിലും സംഭവിക്കാം ബ്രഹ്മമയം ചിന്തിച്ചില്ലെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ ലാഭമാവാം ചിലപ്പോൾ നഷ്ടമാവാം ചിലപ്പോൾ വലിയ വരാം കിടപ്പിലാവാം ഒക്കെ സംഭവിക്കാം പക്ഷേ ഈ ചിന്ത ഉറപ്പുണ്ടെങ്കിൽ എപ്പോഴും അസാധാരണമായ തൃപ്തി ഇതാണ് കൃഷ്ണൻ പറയുന്നത് നൈഷ്കർമ്മ്യസിദ്ധി എന്താ നൈഷ്കർമ്മ്യസിദ്ധി ബ്രഹ്മഭൂത പ്രസന്നാത്മാ ഇവിടെ ആ ഗീത പറയുന്ന ഗീതയിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തന്നെ ചിലർ സംശയിച്ചേക്കും ബ്രഹ്മഭൂത ബ്രഹ്മമായി കഴിഞ്ഞു എന്താ കാര്യം ആരിലാണോ യാതൊരു സംഘവുമില്ലാത്തത് രാഗദ്വേഷങ്ങൾ വിട്ടുപോയിട്ടുള്ളത് അയാൾ ബ്രഹ്മമായിത്തീരുന്നു ആരാണോ മനസ്സിൻ്റെ സമനില സമനില പൂർണ്ണമായി നേടിയിട്ടുള്ളത് അദ്ദേഹം ബ്രഹ്മമായി തീരുന്നു അനന്ത ശാന്തി അനുഭവിക്കുന്നു ഇതാണ് കൃഷ്ണൻ്റെ ബ്രഹ്മപ്രാപ്തിയുടെ നിർവചനം പൂർണ്ണ സമനില പ്രാപിച്ചയാൾ മനസ്സ് സമനില അത് ഒന്നും ഇവിടെ എന്തുള്ളവാനിരിക്കുന്നു നല്ല സമന്നല്ല അയാൾ ബ്രഹ്മമാണ് എന്ന് കൃഷ്ണൻ തീർത്തു പറയുന്നു അപ്പോൾ ബ്രഹ്മഭൂത ബ്രഹ്മമായി കഴിഞ്ഞു അതെങ്ങനെ അറിയാം പ്രസന്ന എപ്പോഴും പ്രസന്നൻ ആ വച്ചാൽ ബ്രഹ്മം ആയോ ഇല്ലയോ എന്നുള്ളത് തന്നെ തീരുമാനിക്കാം എപ്പോഴും സന്തോഷമുണ്ടോ അങ്ങനെ ബ്രഹ്മം ഇതൊക്കെയുള്ള ബ്രഹ്മപ്രാപ്തി ഇതെപ്പോഴും മുഖമൊക്കെ വലിച്ചു കെട്ടി ഒരു ഗുണവുമില്ല ഇങ്ങനെ വീട്ടുകാരെയും ദുഃഖിപ്പിച്ച് നാട്ടുകാരെയും ദുഃഖിപ്പിച്ച് പരാതികളും പറഞ്ഞ് ജീവിച്ചാലെങ്ങനെ ബ്രഹ്മമാകും ബ്രഹ്മഭൂത പ്രസന്നാത്മാ ഗീതയാണ് അത് എന്നാൽ ഒരു ദുഃഖവും അല്ല ഇന്നലെ കുറച്ച് പണമൊക്കെ നഷ്ടമായില്ല അത് നഷ്ടമാവാം ഇപ്പം എന്ത് ചെയ്യുക ആർക്ക് ഞാനിനിയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ഭഗവാൻ നഷ്ടമായതും ഭഗവാൻ കിട്ടുന്നതും ഭഗവാൻ ഇതിന് മുൻപ് സാരവെള്ളം കിട്ടിയില്ലേ അതും ഭഗവാനല്ലേ അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല എന്നാൽ കുറച്ച് പണം നഷ്ടമായെങ്കിൽ സാരമില്ല നാളെ കുറച്ച് പണം കിട്ടും കിട്ടിയില്ലെങ്കിലും ഭഗവാൻ ഒക്കെ ഭഗവാൻ അതുകൊണ്ട് ഞാൻ ദുഃഖിക്കാൻ തയ്യാറില്ല പണം നഷ്ടപ്പെട്ടാലും ശരി പണം വന്നാലും ശരി അപ്പോൾ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നല്ല പ്രസന്നത ന ശോചത്തി ദുഃഖിക്കുന്നില്ല നാംക്ഷത്തി അത് വേണം ഇത് വേണമെന്ന് കാക്ഷിക്കാറില്ല കർമ്മം ചെയ്യുന്നു വരേണ്ടത് വരും പോകേണ്ടത് പോവും അത് കർമ്മം അത് ഭഗവാനെ വിചാരിച്ചാലും അതുതന്നെ നടക്കും വിചാരിച്ചില്ലെങ്കിലും അതുതന്നെ നടക്കും ഭഗവാനാളെല്ലാം എന്ന് വിചാരിച്ചാൽ വന്നാലും പോയാലും ഒരേ ഭാവം സമനില ന ശോചത്തി കാക്ഷീ സമസർവേഷു ഭൂതേഷു അതാണ് ഏറ്റവും പ്രധാനം കർമ്മ എല്ലാം ബ്രഹ്മമയം സമസർവേഷു ഭൂതേഷു വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനാകട്ടെ ഗവിഹസ്തിനി പശു ആകട്ടെ ആനയാകട്ടെ ശുനി ചെയ്വ സ്വഭാ കയച്ച പട്ടിയാകട്ടെ ചണ്ടാലനാകട്ടെ പണ്ഡിത സമദർശിന ബ്രഹ്മനിഷ്ഠന്മാർ സമദർശികൾ അവിടെയൊക്കെ ബ്രഹ്മത്തെ കാണും ബ്രഹ്മത്തെ മാത്രം അവരാണ് സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭത്തെ പരാം ഭക്തി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കൃഷ്ണൻ എന്താ പറയുന്നത് ഇത് നേടിയോ അവർ എൻ്റെ പരാഭക്തിയിലെത്തിച്ചേരുന്നു പരാഭക്തി എന്ന് വെച്ചാൽ എന്താ ഇതിനേക്കാൾ വലിയൊരു ഭക്തിയുണ്ടോ എവിടെയും ഈശ്വരനെ കാണുക ബ്രഹ്മത്തെ കാണുക നല്ലതോ ചീത്തയോ വിരൂപമോ സുന്ദരമോ പാപമോ പുണ്യമോ ഒന്നും പ്രശ്നമല്ല ബ്രഹ്മം ബോധനയേ ഉള്ളൂ ഇവിടെ വേറെ രണ്ടാമതൊന്നുമില്ല ഇതാണ് പരാഭക്തി അല്ലാതെ എവിടെയെങ്കിലും പോയേ ഭഗവാനെ ഭാഗ്യ ചിട്ട് വീട എന്നും പറഞ്ഞിട്ട് പോകും അർച്ചനയും നടത്തിയിട്ട് പോരുന്നതല്ല ഭക്തി അത് വേണ്ടെന്നില്ല ഒന്നും ചെയ്യാൻ വയ്യാത്തവർ അതെങ്കിലും ചെയ്യണം അതൊന്നും വേണ്ടെന്ന് എനിക്കഭിപ്രായമില്ല എനിക്കെന്ന് വെച്ചാൽ കൃഷ്ണന് അഭിപ്രായമില്ല പക്ഷെ ഇതാണ് പരാഭക്തി സമ സർവേഷു ഭൂതേഷു സകല ജീവികളിൽ സർവ പ്രപഞ്ചഘടകങ്ങളിലും സമൻ സമൻന്ന് വെച്ചാൽ ബ്രഹ്മഭാവം കാണും മദ്ഭക്തി ലഭത്തെ പരാം അങ്ങനെയുള്ളയാൾ എൻ്റെ ഭക്തിയിൽ എത്തിച്ചേരുന്നു ഇതാണ് ഈ ഭക്തിയാണ് നിർവൃതി ഈ ഭക്തി നിർവൃതി ആ നിർവൃതിയാണ് ഗുരുദേവനും ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനപ്പുറം ഒന്നും കിട്ടാനില്ല സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭത്തെ പരാം അർജുന അങ്ങനെയുള്ളയാൾ എൻ്റെ ഭക്തിയിൽ എത്തിച്ചേരുക ഇതിനെ നൈഷ്കർമ്മ്യസിദ്ധിയെന്നോ ബ്രഹ്മപ്രാപ്തിയെന്നോ പരാഭക്തിയെന്നോ മോക്ഷമെന്നോ നിർവൃതിയെന്നോ ജീവൻ മുക്തിയെന്നോ എന്ത് പേര് പറഞ്ഞോ വിളിച്ചോളുക ഒരു വിരോധവുമില്ല മനസ്സിവിടെ എത്തണം ഇത് എത്തിയില്ലെങ്കിൽ ജീവിതം എന്തിന് കൂരിരുട്ടിൽ അവസാനിക്കാൻ പരമദുഃഖത്തിൽ അവസാനിക്കുന്ന ദുരന്തം ജീവിതം അതാണ് സത്യം അന്വേഷിച്ചില്ലെങ്കിൽ ജീവിതം ദുരന്തം എന്താ ദുരന്തം ഒടുവിൽ പിഴഞ്ഞ് ദുഃഖിച്ച് കൂടെയുള്ളവരെ ഒക്കെ ദുഃഖിപ്പിച്ച് നേടിയ ആളാണെങ്കിൽ എല്ലാവരോടും പറയും സാരമില്ല ഞാൻ മരിക്കുന്നില്ല നിങ്ങളും ഇതുപോലെ ആനന്ദത്തോടുകൂടി ശരീരം വിടാൻ ശക്തരായിത്തീരണം അല്ലെങ്കിൽ എന്ത് പ്രയോജനം ജീവിച്ചതുകൊണ്ട് ഇതിനു വേണ്ടിയാണ് നമ്മൾ നിർവൃതി ചെയ്യുന്നത് എല്ലാത്തരം ക്രിയാഭേദവും വ്യക്തിഭേദവും ദേശഭേദവും കാലഭേദവും ആരിൽ അവസാനിച്ചുവോ ഉള്ളിൽ പുറത്ത് നാടകം വ്യവഹരിക്കുന്നു നമ്മൾ പലതും അദ്ദേഹത്തിന് മാത്രമാണ് നിർവൃഴ്ത്തി എന്നാണ് രണ്ടും മൂന്നും പദ്യങ്ങൾ കൊണ്ട് നിറുവൃഴ്ത്തി പഞ്ചകത്തിൽ പദ്യം തീരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം കുറേശയെങ്കിലും സർവ ഈശ്വരമയം ഓർമ്മിക്കുക അത്ര വേണ്ടോ അത് വിട്ടുപോകുമ്പോൾ ആവർത്തിച്ചോർമ്മിക്കുക സർവം ബ്രഹ്മമയം അതിനുള്ള കരുത്ത് ജഗതീശ്വരൻ നമുക്കൊക്കെ തരട്ടെ നമസ്കാരം